ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരേ നമ്മൾ മത്തായി എഴുതിയ സുശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ത്ൂത ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഭാഗമാണല്ലോ നമ്മളിന്ന് വായിച്ചു കൊണ്ട് വന്നിരിക്കുന്നത് ഈ മത്തായി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് സുവിശേഷ ലോകം അമുദ്ര ഉത്തിയിട്ടുള്ള ആ കാര്യങ്ങളാണ് ഈ മൂന്ന് അധ്യായങ്ങളിൽ വിവരിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ അതിൻ്റെ ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയമാവലിയാണ് ഇത് നമുക്ക് പറയാം പലരും ഈ മൂന്നാധ്യായങ്ങളെ ഗൗരവമായിട്ട് എടുക്കാതിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ മൂന്നദ്ധ്യായങ്ങളെ ഗിരിപ്രഭാഷണത്തെ വളരെ ഗൗരവമായിട്ടാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എടുക്കേണ്ടത് നമുക്ക് വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളിലൂടെ കടന്നു ഇവിടെ ഒന്നാമത് കർത്താവ് പറയുന്ന ഗിരിപ്രഭാഷണത്തില് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആത്മാവിലെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് അഞ്ചാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ വാക്കങ്ങോട്ട് നമുക്ക് മനസ്സിലാവുകയില്ല അത് എന്താ ആത്മാവിൽ ദാരിദ്ര്യമോ അതെന്താണ് പ്രിയപ്പെട്ടവർ ആത്മാവെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദൈവാൽമാവ് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് അതിലെന്താണ് ദാരിദ്ര്യമുള്ളത് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ആത്മാവെന്ന് കേൾക്കുമ്പോൾ ദൈവാത്മാവെന്നും പരിശുദ്ധാത്മാവെന്നും ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ നിലയിൽ നമുക്കൊരാശയക്കുഴപ്പമുള്ളത് അതേസമയം തന്നെ ഈ ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് നമുക്കറിയാമല്ലോ ഒരു മനുഷ്യൻ ദേഹം ദേഹി ആത്മാവ് എന്നിവയടങ്ങിയ ഒരു തൃപ്തമാ തൃത്വമാണ് അവൻ്റെ ആ ഏറ്റവും ആന്തരികമായ ഏറ്റവും ഉള്ളിലുള്ള കാര്യമാണ് ആത്മാവ് അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിലേക്ക് തന്നെ വിശ്വാസിയായ ഒരുവൻ ദൈവത്തെ അറിയുന്ന ഒരുവൻ അവൻ തൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ അവിടെ അവന് ആത്മാവിലൊരു ദാരിദ്ര്യം തന്നിൽ തന്നെ തനിക്കൊരു നിലനിൽപ്പില്ല തന്നിൽ തന്നെ ഒരു നിസ്സഹായത അവൻ കാണുന്നതാണ് ആത്മാവിലെ ദാരിദ്ര്യം ഇത് വിശദമാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുന്നത് നമ്മുടെ ഭൗതികമായ ദാരിദ്ര്യത്തിൻ്റെ ദൃഷ്ടാന്തമാണ് ഭൗതികമായിട്ട് ഒരു ദരി ഒരുത്തൻ ദരിദ്രനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും അവൻ എല്ലാ ദിവസവും സഹായം ചോദിച്ച് ധനികനായ ഒരാളുടെ പടിവാതിക്കൽ വന്ന് കിടക്കും അല്ലെങ്കിൽ വന്ന് ആശ്രയിക്കും അപ്പോൾ ധനവാന് അന്ന് അവന് അവൻ ചോദിക്കുന്നതനുസരിച്ച് അവൻ എന്തെങ്കിലും ഭിക്ഷ നൽകിയാൽ അവൻ അതുമായിട്ട് മടങ്ങും പക്ഷെ പിറ്റേന്നും അവനെ അവനിൽ നിന്നൊന്നും എടുക്കാനായിട്ടില്ല പിറ്റേന്നും അവനെന്താ ചെയ്യുന്നത് പിറ്റേന്നും അവൻ ലജ്ജ കൂടാതെ വീണ്ടും ഈ ധനവാൻ്റെ പടിവാതിക്കൽ എത്തുകയാണ് അവൻ്റെ ആവശ്യം സ്ഥായിയായ ഒന്നാണ് അവൻ്റെ ദാരിദ്ര്യം നിലനിൽക്കുന്ന ഒന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായ ദാരിദ്ര്യം പോലെയാണ് നമ്മുടെ ആത്മീയമായ ദാരിദ്ര്യവും നമുക്ക് നമ്മിൽ തന്നെ ഒരു നിറവില്ല നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ഒരു തൃപ്തിയില്ല നമ്മൾ ചെയ്ത പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എത്തുപെട്ടിരിക്കുന്ന ആത്മീകമായ ആ നിലവാരം ഇതിലൊന്നും നമുക്കൊരു തൃപ്തിയില്ല നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കർത്താവ് തന്നെ കൃപ തന്നാലേ പറ്റുകയുള്ളൂ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ പലവട്ടം നമ്മൾ കർത്താവിൻ്റെ പടിവാദുക്കൾ അങ്ങനെ കർത്താവെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മളെ ചെന്ന് നിൽക്കുന്നു ഇതാണ് ആത്മാവിലെ ദാരിദ്ര്യം അങ്ങനെയുള്ള ആത്മാവിലെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ഗിരിപ്രഭാഷണത്തിൽ ഒന്നാമത്തെ ഭാഗ്യവർണ്ണനയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് ഒന്നാമത്തേതായിട്ട് പറയുന്നത് കാര്യം ഇതാണ് ബാക്കി എല്ലാത്തിലേക്കും നയിക്കാനുള്ള അടിസ്ഥാനപരമായ അതിൻ്റെ ഒരു താക്കോൽ എന്ന് നമുക്ക് പറയാം ഈ നമ്മളെ ക്രിസ്ത്യ ജീവിതത്തിൽ എത്ര പുരോഗതി പ്രാപിച്ചാലും വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചാലും നമ്മൾ ഈ ആത്മാവിലെ ദാരിദ്ര്യം ദൈവമുമുമ്പാകെ നിരന്തരം ചെല്ലുന്നതും ദൈവത്തോട് യാചിക്കുന്നതും ആ ദൈവത്തിൻ്റെ മുമ്പാകെ ആ നിലയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതും ആ ഒരു കാര്യം വിട്ടുകളയരുത് കേവലം ഇത് വാക്കു കൊണ്ട് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഒരു മാനസിക നിലയാണ് നമ്മുടെ ഒരു നിലപാടാണ് ദൈവം എപ്പോഴും ഒരുപക്ഷെ നമ്മൾ വാക്കുകൊണ്ട് കർത്താവെ എന്നെ സഹായിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞെന്ന് പക്ഷേ ആത്മാവിലെ ദരിദ്രൻ അവനിൽ തന്നെ ഒരു നിറവില്ല ദൈവത്തിൻ്റെ മുൻപാകെ എപ്പോഴും അവനൊരാവശ്യക്കാരനായിട്ട് നിൽക്കുന്നു ആ ഒരു മനോഭാവമാണ് ആത്മാവിലെ ദരിദ്രന് വേണ്ടത് നമുക്കറിയാമല്ലോ മനുഷ്യരോട് യാചിക്കുന്നത് എപ്പോഴും അപമാനകരമാണ് എന്നാൽ ദൈവത്തോട് യാചിക്കാനായിട്ട് നമുക്ക് ലജ്ജ വേണ്ട കാരണം ധാരാളം നൽകാൻ ദൈവത്തിന് കഴിയും ആ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് അവിടുത്തെ പടിവാതുക്കൾ നമുക്ക് മുട്ടുന്നവരായിട്ടായിരിക്കാം ആത്മാവിൽ ദരിദ്രരായിട്ടായിരിക്കാം രണ്ടാമതായിട്ട് ഇതിൻ്റെ അകത്ത് ഭാഗ്യവർണ്ണനകൾ പലതു പറയുന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്ന ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്നുള്ളതാണ് വിശദമായിട്ട് ഇതിൽ പറയുന്നത് ഹൃദയശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസാക്ഷി ശുദ്ധമായിരിക്കുന്നതുമായിട്ട് ചേർത്ത് ചിന്തിക്കും ഹൃദയവും മനസാക്ഷിയും ഒന്നാണ് എന്ന് ചിലരങ്ങ് ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നാൽ അങ്ങനെയല്ല മനസാക്ഷി ശുദ്ധമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസാക്ഷി ശുദ്ധമായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും എങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ക്രമീകരിച്ച് ഒന്നുമില്ല എന്നുള്ള നിലയിൽ മന മനസാക്ഷിയില് തൃപ്തി ഉള്ളവനായിട്ടിരിക്കുന്നതാണ് മനസാക്ഷി ശുദ്ധമായിരിക്കുക എന്ന് പറയുന്നത് എന്നാൽ ഹൃദയത്തിൽ ശുദ്ധത എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു പടിയുടെ മുമ്പിലാണ് അതെന്താണ് ഹൃദയശുദ്ധി എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് അവൻ്റെ ഹൃദയത്തിലുള്ള ഒരേ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക അവൻ്റെ മുഴുവൻ ദൈവത്തിന് നൽകപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം അവൻ്റെ ഹൃദയത്തിൽ കലർപ്പില്ല പരിശുദ്ധമായ സ്വർണം എന്നൊക്കെ പറയുമ്പോ എന്നുണ്ടാകും നമ്മൾ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പലപ്പോഴും അങ്ങനെ പറയാറുണ്ടല്ലോ സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധമായ സ്വർണം എന്ന് പറയുമല്ലോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ആ സ്വർണ്ണത്തിലെ കലർപ്പില്ല എന്ന് പറഞ്ഞതുപോലെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി ഹൃദയശുദ്ധി ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം ആ ഹൃദയത്തിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കുക ദൈവത്തിനായിട്ട് ജീവിക്കുക ആ മുഴുവൻ ഹൃദയവും ദൈവത്തിനായിട്ട് നൽകുക അതിൻ്റെ അകത്ത് തൻ്റെതായ ലോകത്തിന്റെ സുഖാന്വേഷണം ഇങ്ങനെയുള്ള കലർപ്പുകളൊന്നും കലർന്നിട്ടില്ല ഒരൊറ്റ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക അതാണ് ഹൃദയവിശുദ്ധി എന്ന് പറയുന്നത് അപ്പോ നല്ല മനസാക്ഷി ഉള്ളവനും ഹൃദയവിശുദ്ധി ഇല്ലാതിരിക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല മനസാക്ഷി നമുക്ക് ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ ഹൃദയവിശുദ്ധി എന്ന് പറയുന്നത് നല്ല മനസാക്ഷിയിൽ നിന്ന് ഒരു പടിയുടെ മുമ്പിലാണ് ഇവിടെ ഇതാ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഹൃദയശത്തെയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അവർ എവിടെയും ദൈവത്തെയാണ് കാണുന്നത് അല്ലാതെ തങ്ങളെ ഉപദ്രവിച്ച ആളുകളെയോ തങ്ങളെ പ്രയാസപ്പെടുത്തിയ ആളുകളെയോ ആ വ്യക്തികളെ കാണുകയില്ല അവരെ വിട്ടയക്കും അവരെക്കുറിച്ച് മനസ്സിൽ കയ്പു സൂക്ഷിക്കുകയില്ല കാരണം അവർക്കറിയാം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവിടെ അവർ ഏത് സാഹചര്യത്തിലും ഏത് കാര്യങ്ങൾ വന്നാലും അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരത്തെയാണ് കാണുന്നത് ഇതിനൊരു ഉദാഹരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും രണ്ട് ചമുവൽ പതിനാറാം അധ്യായം അഞ്ച് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നോക്കുക രണ്ട് ചുമവൽ പതിനാറിൻ്റെ അഞ്ച് പതിനാല് അവിടെ ദാവീദ് തൻ്റെ മകനായ അബ്സാലോമിനെ ഭയപ്പെട്ട് താന് അങ്ങനെ ഓടിപ്പോകുമ്പോൾ ശൗലിന്റെ കുലത്തിലുള്ള ശിമയി എന്നൊരുവൻ വന്ന് തന്നെ ശപിക്കുന്നു ദാവീദിനോട് വൈരാഗ്യം ഉണ്ടാകുന്നതിന് കാരണം എന്താ ശൗലിനെ ഇല്ലാതെ ശൗലിനെ ഇരിക്കേണ്ട സ്ഥാനത്താണ് ശൗലിന് പകരമായിട്ടാണ് ദാവീദ് രാജ കൈയാളിയിരിക്കുന്നത് അപ്പോ തൻ്റെ ബന്ധുവായ ശവുലിന്റെ ശത്രുവാണ് ദാവീദ് എന്ന് കരുതി ശിമൈ അന്ന് മുതലേ ഹൃദയത്തിലൊരു വൈരാഗ്യം സൂക്ഷിച്ച് ഷിമയി എന്തു ചെയ്യുക ദാവീദിനെ ഉപദ്രവിക്കുകയും കല്ലെടുത്തെറിയുകയും അവനെ ശവിക്കുകയും ഒക്കെ ചെയ്യുക അന്നേരം ദാവീദിൻ്റെ ആളുകൾ പറഞ്ഞു ഞങ്ങളിവനെ വെട്ടിക്കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറയുന്നു വേണ്ട വേണ്ട ദൈവമാണ് ശിമയ്യെ വിട്ടത് കണ്ടോ തന്നെ ശവിക്കുന്ന ആളിനെ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് ദാവീദ് കാണുന്നു കർത്താവായ യേശു ക്രിസ്തുവും ഇങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടല്ലോ യോഹനാന്റെ സുശേഷം പതിനെട്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം നോക്കുക യോഹനാൻ പതിനെട്ട് പതിനൊന്ന് അവിടെ ഇസ്കരിയോത്താജു യൂത യേശുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് വന്നപ്പോൾ പത്രോസ് താൻ വാളെടുത്ത് വെട്ടട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ഘട്ടത്തിൽ കർത്താവ് പറയുന്നു പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ അപ്പോ ഈ തന്നെ ഒറ്റ ആ ഒരു കാര്യത്തിനായിട്ട് ഇസ്കരിയോത്ത യൂത ദൈവ ദൈവം അയച്ച ഒരാളായിട്ടാണ് കർത്താവ് കാണുന്നത് ഏഹ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ആ സാഹചര്യത്തിൽ ദൈവം അയച്ചതായിട്ട് കണ്ടു ഏഹ് ഒരു നമുക്കിഷ്ടമില്ലാത്ത ഒരു കത്തുമായിട്ട് ഒരു പോസ്റ്റുമാൻ വന്നാൽ ആ കത്ത് വായിച്ചിട്ട് നമ്മൾ പോസ്റ്റുമാനെ കുറ്റപ്പെടുത്തുകയില്ലല്ലോ അതെഴുതിയ ആളിനെയാണല്ലോ നമ്മൾ ഹൃദയത്തിൽ കാണുക എന്ന് പറഞ്ഞതുപോലെ ഏത് സാഹചര്യത്തിലും നമ്മൾ ആ കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റുമാനെ കാണണ്ട മറിച്ച് ആരെ കണ്ടാൽ മതി ദൈവത്തെ കണ്ടാൽ മതി ഷിമയി തന്നെ ശമിച്ചപ്പോൾ ദാവീത് ദൈവത്തെ കണ്ടു ഓയിസ്കരിയുദ്ധ തന്നെ ഒറ്റിക്കൊടുത്തപ്പോൾ യേശു പറഞ്ഞു പിതാവ് തന്ന പാനപാത്രം നാം കുടിക്കേണ്ടതോ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് അത് പിതാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതായിട്ട് പിതാവിനെയാണ് അവിടെ കണ്ടത് അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഏത് സാഹചര്യത്തിലും ദൈവത്തെ കാണും ഗിരിപ്രഭാഷണത്തിൽ ഈ നിലയിലുള്ള ഭാഗ്യവർണ്ണനകൾ കഴിഞ്ഞിട്ട് അഞ്ചാമധ്യായത്തിൻ്റെ ബാക്കി ഭാഗം ആറാമധ്യായം ഏഴാമധ്യായം ഇത് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അവിടെ പല കാര്യങ്ങളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ സമീപനം അവിടെ പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ഈ സമയത്തൊക്കെ നമ്മൾ ആളുകളുടെ മുമ്പിൽ വിളങ്ങാതെ ആളുകളെ അത് അറിയിക്കാതിരിക്കുന്നത് മറ്റുള്ളവരെ വിധിക്കാതിരിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നോക്കിയിട്ട് സ്വന്തം കണ്ണിലെ കോല വിസ്മരിച്ച് നെല്ല് സഹോദര ഞാൻ ആ കരട് എടുത്തു തരാമെന്ന് പറയുന്നത് മറ്റുള്ളവരെ വിധിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രിയപ്പെട്ടവർ ഇന്നത്തെ ക്രിസ്തീയ ലോകം ഇതൊന്നും നമുക്ക് പാലിക്കാനായിട്ട് കഴിയുന്നതല്ല എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇതെങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്തായി അഞ്ചാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആറാം അധ്യായം ഏഴാമധ്യായം ശത്രുക്കളെ സ്നേഹിക്കുന്നത് നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് കഴിയും ഇത് കഴിയുന്നത് നമ്മുടെ ഒരു ആന്തരികമായ ദൈവത്തിലുള്ള ഒരു ജീവൻ ആ ജീവൻ്റെ ഒരു സ്വാഭാവികമായ ഒരു ഒഴുക്കായിരിക്കുമ്പോൾ നമുക്കത് അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും അതേസമയം പരീക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയായിരുന്നു പരീക്ഷന്മാരുടേത് ബാഹ്യമായ ഒരു നീതിയായിരുന്നു അവർ ചെയ്തതെല്ലാം ബാഹ്യമായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ യഥാർത്ഥ വിശുദ്ധി ഉള്ളിൽ നിന്നാണ് അകമേ നിന്നാണ് ആരംഭിക്കേണ്ടത് നമ്മുടെ പ്രവർത്തികളും അകമേയുള്ള ജീവൻ്റെ ഒരു ഒഴുക്കായിട്ടാണ് വരേണ്ടത് അങ്ങനെ വരുമ്പോൾ കൊലപാതകം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ആ കൊലപാതകത്തിന് പിന്നിലുള്ള ദേഷ്യവും ഒക്കെയും അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് തന്നെ ഉള്ള ഒരു ദൈവരാജ്യം നമ്മുടെ അന്തരാത്മാവിലാണ് വസിക്കുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവരാജ്യം ആ ദൈവരാജ്യത്തിൻ്റെ ആന് ആന്ത അത് സ്വാഭാവികമായിട്ട് ഒഴുകുമ്പോൾ നമുക്ക് ഈ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിട്ടുള്ള വലുത് ഒരിക്കലും നമുക്ക് പാലിക്കാനൊക്കെ ഇല്ല എന്ന് പറയുന്ന ഈ നിലവാരമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് കണ്ടെത്താനായിട്ടും അത് നടപ്പിലാക്കാനായിട്ടും ദൈവം സഹായിക്കും പ്രിയപ്പെട്ടവർ ഇവിടെ ഓർക്കേണ്ടത് കർത്താവ് പറഞ്ഞു നിങ്ങളെന്താ വേണം നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്നതായിരിക്കണം എന്നാണ് പറഞ്ഞത് പരീശന്മാരുടെ നീതിയെ കവിയുന്നതായിരിക്കും പരീശന്മാർ വളരെ വലിയ നീതി ബാഹ്യമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു അവർ മൂന്നു ഉപവസിക്കുന്നവരും പ്രാർത്ഥന നടത്തുന്നവരും ഉപവാസം നടത്തുന്നവരും വലിയ ദാനങ്ങൾ നൽകുന്നവരും ഒക്കെ ആയിരുന്നു ഇതെല്ലാം ചെയ്ത ആ ബാഹ്യമായിട്ടാണെങ്കിൽ പോലും അങ്ങനെയുള്ള വലിയ തോതിലുള്ള ദാനങ്ങളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയ പരീശന്മാരുടെ നീതിയെ നമുക്ക് അതിനെ എങ്ങനെയാണ് അതിനെ കവിയുന്ന ഒരു നീതി നമുക്ക് പാലിക്കാനായിട്ട് കഴിയുന്നത് ഇതിനു മുമ്പാകെ നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും ഏർ അവര് ഉപവസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇതെല്ലാം നമ്മളെ അങ്ങനെ പറ്റുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നമുക്ക് പരീക്ഷന്മാരുടെ നീതിയെ കവിഞ്ഞ നീതി ദൈവം ആ നീതി നമുക്ക് എങ്ങനെ നൽകാനായിട്ട് കഴിയും എന്ന് നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും അല്ലെങ്കിൽ ഈ കൽപ്പനയുടെ മുമ്പിൽ നിരാശപ്പെട്ടു പോകും പക്ഷെ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കർത്താവ് അന്വേഷിക്കുന്നത് നീതിയിലെ ഗുണമാണ് അതിൻ്റെ ക്വാളിറ്റിയാണ് അതിൻ്റെ അളവിനെ അല്ല അല്ല പരീക്ഷന്മാർ നൽകിയ നീതി എന്താ അത് ബാഹ്യമായ നീതിയായിരുന്നു അതുപോലെ തന്നെ അത് അളവിനൊത്തവണ്ണമായിരുന്നു ക്വാണ്ടിറ്റി വൈസായ നീതിയായിരുന്നു അവരുടേത് അവരെ ഉപവസിച്ചു എന്നുള്ളത് ശരിയാണ് മൂന്നോട്ടം ഉപവസിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തി ദാനങ്ങൾ നൽകി ഇതെല്ലാം ചെയ്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ ബാഹ്യമായിട്ട് അങ്ങനെ എല്ലാം ചെയ്തപ്പോഴും അതിൻ്റെ ഗുണം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ക്വാളിറ്റി ശരിയായിരുന്നില്ല എന്തായിരുന്നു അവരുടെ ഉദ്ദേശം അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു തങ്ങളുടെ ഉപവാസമൊക്കെ അവരങ്ങനെ പ്രസിദ്ധപ്പെടുത്തി ദാനങ്ങൾ പരസ്യമായിട്ട് നടത്തി പ്രാർത്ഥന തങ്ങള് നടത്തുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു അതിലൂടെയൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത് തങ്ങള് വലിയ വലിയ നീതിമാന്മാരാണെന്ന് ആളുകളെ കാണിക്കാനായിരുന്നു ആളുകളുടെ മുമ്പിൽ വിളങ്ങേണ്ടതിനായിരുന്നു ആളുകളുടെ ബഹുമാനവും അംഗീകാരവും കിട്ടാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഗുണം ഉണ്ടായിരുന്നില്ല അളവ് കൂടുതലായിരുന്നു തീർച്ചയായിട്ടും അളവ് കൂടുതലായിരുന്നു പക്ഷെ ഗുണം അതിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുക അതാണ് ഗുണം ആ ഗുണം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇന്ന് പരീശന്മാരുടെ നീതിയെ എങ്ങനെ കവിയാനൊക്കും നമുക്ക് ഒരു പക്ഷേ അവരുടെ അളവിനെ കവിയാനൊത്തെന്ന് വരികയില്ല ക്വാണ്ടിറ്റി വൈസ് നമുക്ക് അവരെ കവച്ച് വയ്ക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല പക്ഷേ നമ്മളതിൻ്റെ ക്വാളിറ്റിയിൽ ഊന്നുക അതിൻ്റെ ഗുണത്തിൽ ഊന്നുക ഗുണമെന്ന് പറഞ്ഞാൽ എന്താ നമ്മളും എന്തു ചെയ്യുന്നുണ്ട് ദാനം നൽകുന്നുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ അതൊന്നും മനുഷ്യരുടെ മുമ്പാകെ വിളങ്ങാൻ വിളങ്ങാനുള്ള ആഗ്രഹം പോലും ഇല്ലാതെ നമ്മളായിരിക്കണം അങ്ങനെ നമ്മുടെ ആ ഗുണം വലുതാകുമ്പോൾ പരീഷന്മാരുടെ നീതി പ്രവർത്തിയുടെ ഗുണം കുറവായിരുന്നു അവരുടെ അളവ് കൂടുതലായിരുന്നു നമ്മുടെ അളവ് കുറവായിരിക്കാം കുറവാകണമെന്നല്ല പറയുന്ന ഒരു പക്ഷേ ചിലപ്പോൾ കുറവായിരിക്കാം എന്നാൽ പോലും അതിൻ്റെ ഗുണം അതിൻ്റെ ഉദ്ദേശം കൂടുതലാണെങ്കിൽ ഉദ്ദേശം ശരിയാണെങ്കിൽ അതിൻ്റെ ഗുണം കൂടുതലാണെങ്കിൽ ദൈവം എപ്പോഴും അതിൻ്റെ ഗുണത്തെയാണ് കാണുന്നത് ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത് അപ്പോൾ ദൈവം നമ്മുടെ നീതിയെ എന്തായിട്ട് കാണും പരീശൻ്റെ നീതിയെ കവിയുന്ന നീതിയായിട്ട് ദൈവം കാണും നമ്മൾ ഇവിടെ തുടർന്ന് പല കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും പറയുന്നില്ല ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം അധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നല്ലോ നമ്മൾ ആരെയും വിധിക്കരുത് എന്ന കാണുന്നു എന്നാൽ അത് ഒരു ഭാഗമാണ് ഏഴിൻ്റെ പതിനഞ്ചിൽ പറയുന്നു കള്ളപ്രവാചകന്മാരെ നമ്മൾ എന്തോ വേണം ആടുകളുടെ വേഷത്തിൽ വരുന്ന കള്ളപ്രവാചകന്മാരെ വിവേചിച്ചറിയണം അപ്പോൾ വിവേചിച്ചറിയുന്ന എങ്ങനെയാണ് അവരുടെ പ്രവൃത്തി അവരുടെ മനോഭാവം ഇതൊക്കെയും നമ്മൾ വിധിച്ചാലേ നമുക്കത് മനസ്സിലാക്കാനൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ ആരെയും വിധിക്കരുത് അതേ സമയം തന്നെ കള്ളപ്രവാചകന്മാരെ നമ്മൾ തിരിച്ചറിയണം വിവേചിച്ചറിയണം എന്ന് ദൈവം അതിൻ്റെ മറുവശം കർത്താവതിൻ്റെ മറുവശം ഏഴിൻ്റെ പതിനഞ്ചിലെ വ്യക്തമാക്കുന്നു പ്രിയപ്പെട്ടവർ കള്ളപ്രവാചകെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന ഒരുവനാണ് കള്ളപ്രവാചകൻ എന്നാണ് നമ്മൾ ഓർക്കുന്നത് എന്നാൽ ഏഴിൻ്റെ പതിനാറ് കണ്ടോ അവിടെ കർത്താവ് പറയുന്നത് കള്ളപ്രവാചകന്മാരെ അവരുടെ ഉപദേശത്തിൽ നിന്നല്ല പിന്നെ അവരുടെ സ്വഭാവത്തിലെ ആത്മാവിൻ്റെ ഫലങ്ങളാലാണ് തിരിച്ചറിയേണ്ടത് ആത്മാവിൻ്റെ ഫലം സ്നേഹ സന്തോഷ സമാധാനം എന്ന് പറഞ്ഞ് നമുക്കറിയാമല്ലോ ആത്മാവിൻ്റെ ഫലങ്ങൾ അവർക്കുണ്ടോ എന്ന് നോക്കിയാണ് അത് കള്ളപ്രവാചകനാണോ അല്ലയോ എന്ന് തിരിച്ചറിയേണ്ടത് അല്ലാതെ അവരുടെ ഉപദേശം നോക്കിയല്ല അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്നു അതിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അതല്ല കണക്കിലെടുക്കേണ്ടത് മറിച്ച് അവരുടെ ആ പ്രവാചകൻ്റെ ആത്മാവിലെ ഫലങ്ങൾ ഉണ്ടോ എന്ന് നോക്കി വേണം അയാൾ കള്ളപ്രവാചകനാണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയാൻ വിവേചിച്ചറിയാൻ നമ്മള് വലിയ പ്രകൃതിയാതീതമായ വരങ്ങളൊക്കെ ഉള്ള അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന നന്നായിട്ട് പ്രസംഗിക്കുന്ന വലിയ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മൾ നോക്കേണ്ടത് അയാളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടോ അയാൾക്കൊരു അയാളൊരു എളിമയുള്ള സഹോദരനാണോ അയാൾ പണസ്നേഹത്തിൽ നിന്ന് മുക്തനാണോ അയാൾ വിശുദ്ധിക്കാണോ അയാൾ ഊന്നൽ നൽകുന്നത് അയാൾക്ക് സ്ത്രീകളുമായിട്ടും മറ്റു മനുഷ്യരുമായിട്ടുമൊക്കെയുള്ള ബന്ധത്തില് നിർമ്മലതയുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ആത്മാവിന്റെ ഫലങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാണ് അയാൾ കള്ളപ്രവാചകനാണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കേവലം അത്ഭുതങ്ങൾ കണ്ടല്ല അല്ലെങ്കിൽ ഒരാളുടെ ഉപദേശത്തിലെ ചില തെറ്റുകൾ നോക്കി അല്ല കള്ളപ്രവാചകനാണോ എന്ന് തിരിച്ചറിയേണ്ടത് മറിച്ച് അയാളുടെ ആത്മാവിന്റെ ഫലങ്ങൾ നോക്കി വേണം അയാളെ തിരിച്ചറിയേണ്ടതെന്നാണ് ഏഴിൻ്റെ പതിനാറില് പറയുന്നത് ഗിരിപ്രഭാഷണം അവസാനിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് സംസാരിച്ച യേശു അതിൻ്റെ ഒടുവിലായിട്ട് വരുമ്പോൾ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും പറയുന്നു ഏഴിൻ്റെ ഇരുപത്തിരണ്ട് നോക്കുക അന്ന് ചിലർ വന്ന് കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തികൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ത്യനാളിൽ പലരും വരുമെന്ന യേശു പറയുന്നു എന്നാൽ അവരെ നോക്കിയിട്ട് കർത്താവ് എന്താ ചെയ്യുന്നത് കർത്താവ് പറയുന്നു നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ നിങ്ങൾ അധർമ്മത്തിലായിരുന്നു ജീവിച്ചത് അപ്പോൾ കേവലം വരങ്ങൾ നോക്കിയല്ല അവിടെയും ഫലം നോക്കിയാണ് ദൈവം അവർക്ക് അന്ത്യനാളിൽ ആ നിലയിൽ അവരെ അംഗീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മളും വരങ്ങളെക്കാൾ ഫലങ്ങൾക്ക് ഊന്നൽ നൽകണം പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ വരങ്ങളെക്കാളും ആത്മാവിന്റെ ഫലങ്ങൾക്ക് ഊന്നൽ നൽകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അന്ത്യനാളില് കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നമ്മൾ വരങ്ങൾ മാത്രമുണ്ടായിരുന്നു ഫലങ്ങൾ ഇല്ലായിരുന്നു ഞങ്ങള് അത്ഭുതങ്ങൾ കാണിച്ചു ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി അങ്ങനെ വരങ്ങൾ ഞങ്ങൾ എക്സസൈസ് ചെയ്തു പക്ഷേ ഫലമില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകളോട് കർത്താവ് എന്തു പറയുന്നതായിട്ടാണ് ഏഴിൻ്റെ ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നത് അതൊക്കെ അവരോട് പറയുന്നു നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ നിങ്ങൾ അധർമ്മത്തിലായിരുന്നു ജീവിച്ചത് എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളഞ്ഞ് അവരുടെ ജീവിതം നരകത്തിൽ അവസാനിച്ചു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരങ്ങളൊന്നും ഇല്ലെന്നിരിക്കട്ടെ നമ്മളെ ജീവിതത്തിൽ ഒരു രോഗിയെപ്പോലും സൗഖ്യമാക്കിയിട്ടില്ല ഒരു ഭൂതത്തെ പോലും പോലും പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും നമുക്ക് പോലും ഒരു രോഗിയെ സൗഖ്യമാക്കാനോ കർത്താവ് ഉടനെ അവനോട് പറയുമോ അത്ഭുതം പ്രവർത്തിക്കാത്തവനെ ഭൂതത്തെ എന്നെ വിട്ടു പോകുക എന്ന് പറഞ്ഞ് അവനെ നരകത്തിൽ തള്ളിക്കളയുമോ ഇല്ല ഇല്ല അത് അസാധ്യമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരങ്ങളൊന്നും ഇല്ലെങ്കിലും ഫലങ്ങൾ ഉള്ളവനാണെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും അതേ ഫ അതേസമയം ഫലങ്ങളില്ലാതെ വരങ്ങൾ മാത്രമുള്ളവനായിട്ട് അത്ഭുതം പ്രവർത്തിക്കുകയും വലിയ അടയാളങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്താലും അവൻ നരകത്തിൽ ചെന്ന് അവസാനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഈ ഫലങ്ങളും തീർച്ചയായിട്ടും നമുക്ക് വരങ്ങൾ വേണം നമുക്ക് വരങ്ങൾ വേണം എന്നാൽ ഒരു പക്ഷേ നമുക്ക് ഫലങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ ദൈവരാജ്യത്തിൽ ചെല്ലും ഫലവും വരവും കൂടെ നമ്മൾ ആ ഒരു ഒരെണ്ണം മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ ഫലങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യം ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കും ആത്മാവിൻ്റെ വരങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഒരു നരകത്തിൽ ചെന്ന് അവസാനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾക്ക് ഊന്നൽ നൽകണം എന്ന് പറഞ്ഞാണ് കർത്താവിൻ്റെ ആ ഗിരിപ്രഭാഷണം അവസാനിക്കുന്നത് നമുക്കും കർത്താവ് പറഞ്ഞ് ആ കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കാം പ്രിയപ്പെട്ടവർ നമ്മൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് അവസവസാനിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ അല്പസമയമുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഭാഗ്യവർണ്ണനകൾ വളരെ വേഗത്തിൽ വീണ്ടും നമുക്കൊന്ന് നോക്കാം മൊത്തം സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അതിൻ്റെ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഭാഗ്യവർണ്ണനകൾ പറയുന്നത് ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് പറയുന്നത് അത് തുടങ്ങുന്നത് നമുക്ക് നോക്കുക തുടങ്ങുന്ന മൂന്നാമത്തെ വാക്യത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് രണ്ടാമത് പറയുന്നു ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ മൂന്നാമത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ നാലാമത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് തൃപ്തി വരും ഈ നാല് കാര്യങ്ങളും ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ആൽമാവിൽ ദരിദ്രനായവൻ അവൻ എന്തായിരിക്കും അവൻ ദുഃഖിക്കുന്നവനായിരിക്കും അവനൊരു നിലവിളി ഉണ്ടായിരിക്കും അവൻ തന്നിൽ തന്നെ നോക്കുമ്പോൾ അവൻ നിസ്സഹായനാണ് അവൻ ദൈവത്തോടെ നിലവിളിക്കും അപ്പോൾ ആത്മാവിലെ ദാരിദ്ര്യമുള്ളവൻ്റെ തന്നെ അവന് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ദുഃഖിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആ ദുഃഖം അവനെ ഒരു സൗമ്യതയിലേക്ക് നടത്തും സൗമ്യത എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കർത്താവായ യേശു ക്രിസ്തു അത്തായി പതിനൊന്നിൽ പറയുന്നു ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകെയാൽ എന്നോട് പഠിപ്പീൻ എന്നാ പറയുന്നുണ്ട് കർത്താവിൻ്റെ സൗമ്യത താഴ്മ അതെന്തായിരുന്നു അത് കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അത് അവനെ തകർത്ത് കളവാനെ ഹോവയ്ക്ക് പ്രസാദം തോന്നി എ ശിയ അമ്പത്തി നമ്മൾ വായിക്കുന്നത് അവനെ തകർത്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ കാൽവറി ക്രൂശിലേറ്റ ആ പീഡാനുഭവങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നാൽ തൻ്റെ ജീവിതത്തിലുടനീളം കർത്താവ് തകർന്ന ഒരുവനായിരുന്നു ഒരു ബ്രോക്കണായ ഒരാളായിരുന്നു അതാണ് കർത്താവിൻ്റെ സൗമ്യത സൗമ്യത എപ്പോഴും ബ്രോക്കണ്സ്സിൽ നിന്നാണ് വരുന്നത് ഏ ഉള്ളിൽ തകർന്ന ഒരുവന്റെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുന്നതാണ് സൗമ്യത അപ്പൊ നോക്കുക നമ്മൾ പറഞ്ഞു വന്നത് ആത്മാവിലെ ദരിദ്രനായവന് ഒരു നെലവിളി ഉണ്ടാകും അവന് അവന് ഒരു തകർച്ചയുള്ളവനായിരിക്കും തകർച്ച അറിയുന്നവനായിരിക്കും നാലാമത് അവൻ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവനായിരിക്കും നീതി എന്ന് പറയുമ്പോൾ പുറലോകത്തിലെ ഒരു നീതിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് എന്താ ദൈവ വചനം പല കാര്യങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ആ ദൈവീകനീതി നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാ അർത്ഥത്തിലും നിറവേറിയിട്ടുണ്ടോ നിറവേറിയിട്ടില്ല അതുകൊണ്ട് ദൈവമേ ആ ദൈവനീതി എന്നിൽ നിറവേറണം എന്നുള്ള വിശപ്പും ദാഹവുമാണ് ഇവിടെ പ്രാഥമികമായിട്ട് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോ അത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് തന്നെ ഉള്ളതാണ് ഈ നാല് കാര്യങ്ങളിലും ആത്മാവിലെ ദാരിദ്ര്യമാകട്ടെ ദുഃഖിക്കുന്നതാകട്ടെ തകർച്ചയാകട്ടെ സ്വന്തം ജീവിതത്തിലെ നീതിക്കായിട്ട് വിശന്നു ദാഹിക്കുന്നതാകട്ടെ ഇതൊക്കെയും നമ്മിൽ തന്നെ നമ്മളോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് അങ്ങനെ ചെയ്യുന്ന ഈ നാല് കാര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുവൻ എന്തു വരും അവന് എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കണ്ടോ നമുക്ക് ഈ പറഞ്ഞ ആ ഭാഗ്യവർണ്ണനകളിലെ ആദ്യത്തെ നാലെണ്ണം നമ്മോട് തന്നെ ഉള്ള ബന്ധത്തിലുള്ളതാണ് വ്യക്തിപരമായി നമ്മൾ തന്നെ കൈയാളേണ്ടതാണ് ആത്മാവിലെ ദാരിദ്ര്യം അത് ദുഃഖത്തിലേക്കും നിലവിളിയിലേക്കും നടത്തും അത് തകർച്ചയിലേക്ക് നടത്തും അത് നീതിക്കായിട്ടുള്ള വിശപ്പും ദാഹവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറാനായിട്ടുള്ള താല്പര്യമായിട്ട് അത് വരും അങ്ങനെയൊക്കെ വരുമ്പോൾ തൃപ്തി വരും ആ നാല് കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നതുമാണ് എന്നാൽ അടുത്ത് പറയുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധത്തോട് ചേർന്നതാണ് നമ്മൾ കരുണയുള്ളവർ കരുണ കാണിക്കുന്നതാരോടാ മറ്റൊരാളുണ്ടെങ്കിലേ കരുണ കാണിക്കാനൊക്കെ ഉള്ളു അപ്പം നമ്മൾ സഹജീവികളുമായിട്ടുള്ള ബന്ധത്തെയാണ് അവിടം മുതൽ പറയുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അതുപോലെ ഹൃദയശുദ്ധിയുള്ളവർ നമ്മളത് നമ്മുടെ തന്നെ ജീവിതത്തിലുള്ള ഹൃദയശുദ്ധിയെക്കുറിച്ചാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രായോഗികമായിട്ട് ആരെ അസഹായിക്കുന്നത് മറ്റുള്ളവരെ അസഹായിക്കുന്നത് നമ്മെ ശവിക്കുന്നവരെ പോലെ ദാവിദിനെ ശവിച്ച ആളുകളെ ഓ നമ്മളെ ഒറ്റ കൊടുക്കുന്ന ആളുകളെ നമ്മളോട് ദോഷമായി പെരുമാറിയവരിലും ദൈവത്തെ കാണുമെന്നുള്ളതുകൊണ്ട് നമ്മളോട് തെറ്റായിട്ട് പെരുമാറിയവരോട് നമ്മളൊരു കയ്പ്പാകട്ടെ പകയാകട്ടെ സൂക്ഷിക്കുന്നില്ല അപ്പം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് പറയുന്ന അതും അത് ഫലത്തിൽ നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ഒരു ഭാഗ്യവർണ്ണനയായിട്ട് കാണാം സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അതും നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ പറഞ്ഞു വന്നത് ആദ്യത്തെ നാലെണ്ണം ആത്മാവിലെ ദാരിദ്ര്യം ദുഃഖിക്കുന്നത് സൗമ്യതയുള്ളത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നത് ഈ നാലെണ്ണം നമ്മളോടുള്ള ബന്ധത്തിൽ അടുത്ത മൂന്നെണ്ണം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കരുണയുള്ളവർ ഹൃദയശുദ്ധിയുള്ളവർ സമാധാനം ഉണ്ടാക്കുന്നവർ അതൊക്കെയും നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം ശരിയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഭാഗ്യവർണ്ണനകൾ അവിടെ പറയുന്നത് അടുത്ത രണ്ടെണ്ണം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് അടുത്ത് പറയുന്നു എൻ്റെ നിമിത്തം നിങ്ങളെ പഴുക്കെ ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് തിന്മ കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് കണ്ടു അവിടെ രണ്ട് ഭാഗ്യവർണ്ണനകൾ പറയുന്നു നിങ്ങളെ പഴിക്കെ നിങ്ങൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ രണ്ടാമത് പറയുന്നു നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെക്കുറിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഇത് രണ്ടും മറ്റുള്ളടത്തൂന്ന് നമുക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആത്മാവിൽ ദരിദ്രനായിട്ടും ദുഃഖിക്കുന്നവനായിട്ടും സൗമ്യതയുള്ളവനായിട്ടും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവനായിട്ടും വ്യക്തിപരമായിട്ടായിരുന്നാൽ നമ്മൾ മറ്റുള്ളവരോട് കരുണയും ഹൃദയശുദ്ധിയും സമാധാനവും ഉള്ളവരായിരിക്കും അപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് ലോകത്തിൽ നിന്ന് എന്തുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് അതിലേക്ക് വരല് ചൂണ്ടി നമുക്ക് ലോകത്തിൽ നിന്ന് ഉപദ്രവവും പീഡയും ഉണ്ടാകും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെയും രണ്ട് ഭാഗ്യവർണ്ണനകളെയും ചേർത്ത് സത്യത്തിൽ ഒന്നായിട്ട് കാണാം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെക്കുറിച്ച് തിന്മ കളവായി പറയുകയും ചെയ്യുമ്പോൾ ഭാഗ്യവാന്മാർ അത് രണ്ടും വെളിയിൽ നിന്നുള്ള പീഡനമാണ് രണ്ടും ഫലത്തിൽ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് അതിനെ രണ്ടും കൂടെ ചേർത്ത് ഒരൊറ്റ ഭാഗ്യവർണ്ണനയായിട്ട് കണ്ടാൽ മൊത്തം ഭാഗ്യവർണ്ണനകൾ എത്ര എണ്ണമാണ് ഏ എട്ടെണ്ണമേയുള്ളൂ എണ്ണി നോക്കിയാൽ ഭാഗ്യവാന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ഒമ്പതെണ്ണം ഉണ്ടെങ്കിലും ഒടുവിലത്തെ രണ്ടെണ്ണത്തെ ഒന്നായിട്ട് കണ്ടാൽ പുറമേ നിന്നുള്ള പീഡനങ്ങളെ ഒന്നായിട്ട് കണ്ടാൽ നമ്മൾ നോക്കുമ്പോ നമ്മിൽ തന്നെ ഉള്ളത് നാല് കാര്യങ്ങൾ നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന മൂന്ന് നാല് മൂന്നും ഏഴും പുറത്തു നിന്നുള്ള പീഡനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രണ്ടെണ്ണത്തെ ഒന്നായി കണ്ടാൽ അത് എട്ടാമത്തേത് അങ്ങനെ അതുകൊണ്ടാണ് അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് അഷ്ടം എന്ന് വെച്ചാൽ എട്ട് എട്ട് ഭാഗ്യങ്ങൾ ഈ എട്ട് ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാണ് കർത്താവഗിരി പ്രഭാഷണം ആരംഭിക്കുന്നത് സത്യത്തിൽ ഇത് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഗിരി പ്രഭാഷണം പഠിക്കുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് നമ്മൾ വ്യക്തിപരമായിട്ട് എങ്ങനെയായിരിക്കുന്നു മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു നമുക്ക് ഇന്ന് പീഡനങ്ങളും ഉപദ്രവങ്ങളും വരാം അതിൻ്റെ മുമ്പാകെയും നമ്മൾ ഭാഗ്യവാന്മാരാണ് ദൈവം നൽകുന്ന ഉറപ്പിൽ ധൈര്യത്തോടെ നമുക്കായിരിക്കാം ദൈവം തന്നെ സഹായിക്കുന്നു